ṫñāne nahi pramāne nah vagaṁ domishthāṁ brahma Brahmā vaka dharśī paṇśāt Niseśa samsāra bīya avidyādi Anratha nivāranāt Bhāshī Bhāshī dhranānā ദ്യം പറഞ്ഞു ജ്ഞാനേന ഹി പ്രമാണേനാകുന്നു ജ്ഞാനം ആകുന്ന പ്രമാണം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടതാണ് ബ്രഹ്മ ജ്ഞാനോന്ന് പറയുന്നത് പ്രമാണമാണോ പ്രമേയാണോ എന്നൊരു ചോദ്യം ഇവിടെ വരും പ്രമാണെന്നാ പറഞ്ഞിരിക്കുന്നു ചിലരീനും പ്രമേയെന്ന് പറയുന്നു പ്രഹ്മു പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ അനുഭവം പ്രമാണമെന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടതുണ്ടോ അത് പ്രമാണം ഞാനത്തെ പ്രമാണമെന്ന് പറയുമ്പോൾ പറയുന്നത് യുടെ അദ്വൈതികള് ജ്ഞാനം എന്ന് പറഞ്ഞ എന്തിനാ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവ് ജ്ഞാനമാണ് പിന്നെ നമ്മള് നമ്മളുടെ അറിവ് നമ്മളറിയുന്ന അറിവ് അതും ജ്ഞാനമാണ് പുസ്തകത്തെ അറിയുന്നു മേശയെ അറിയുന്നു എന്നെയൊക്കെ അറിയുന്ന ഈ ജ്ഞാനത്തെ എന്താ എങ്ങനെയാണ് അദ്വൈതി വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നാണ് അദ്വൈതി അല്ല പഴയ കാഴ്ചപ്പാടാണ് പുതിയതല്ല അത് പറയുന്നത് ജ്ഞാനത്തെ അവർ പറയുന്നത് പ്രത്യേകിച്ച് ഞാനും പ്രമാണമെന്ന് പറഞ്ഞാൽ ഞാനത് പറയുന്നത് അന്ധക്കരണ വൃത്തി എന്നാണ് കേട്ടോ അപ്പൊ അന്ധകരണം എന്ന് പറയുന്നത് എന്താണ് എന്താണോ അതിന വിശദീകരണം എങ്ങനെ വിശദീകരിക്കുമെന്നാണ് വാക്ക് കേട്ടാലും മനസ്സിലാവും അത്രയും കാലമായിട്ട് വന്തകരണം എന്താ അറിയാൻ അതെന്റെ വിഭാഗങ്ങൾ വന്തക്കരണത്തിന്റെ വ്യാഖ്യാനം ഉണ്ട് അറിയില്ലെങ്കി പോട്ടെ കിടന്ന് മുട്ടുണ്ട സ്വന്തകരണമെന്ന് പറയുന്നത് പഴയ പണ്ടത്തെ കാഴ്ചപ്പാടനുസരിച്ച് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്നതാണ് സൂക്ഷ്മഭൂതങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി വെക്കുന്നു ആ സൂക്ഷ്മഭൂതങ്ങളെന്ന് പറയുന്നത് പ്രതിഅപ്പ് തേജസ് വായു ആകാശം പഞ്ചഭൂതങ്ങൾ തന്മാത്രകളൊന്നും പറയും സൂക്ഷ്മഭൂതങ്ങൾ ഈ കാണുന്നതല്ല ഇതിന് കാരണമായിരിക്കും അവ കൂടിച്ചേർന്നിട്ട് അതിന്റെ സാത്വികംശത്തിൽ നിന്ന് ഉണ്ടായതാണ് ഇത് എപ്പോഴും അറിഞ്ഞിരിക്കും അതിന്റെ വേർതിരിക്കുന്നതാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നുള്ള പൊതുവെ ഇതിനെ അന്ധക്കരണം ഉള്ളിലുള്ള കരണം എന്ന് പറയും കാരണം എന്ന് വെച്ചാൽ ഉപകരണം ഈ കൈയും കാലും ഒക്കെ കർണങ്ങളാണ് മിച്ചോപകരണങ്ങളാണ് അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കരണം ഉള്ളിലിരിക്കുന്ന കർണം എന്ന് പറഞ്ഞാൽ എന്താ ദ്വൈതത്തിന്റെ അർത്ഥം എന്താണ് ജീവന്റെ കാരണം അത് സൂക്ഷ്മമായതുകൊണ്ടാണ് അതിനെ അത് ഈ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അന്താന്ന് വെച്ച ഉള്ളിലെന്നാണ് അന്തക്കരണം പറയും ഇതൊക്കെ ബേസിക് നോളജാണ് അദ്ദേഹത്തിൽ എന്നും പറയേണ്ട കാര്യങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് എന്റെ പ്രത്യേകതയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ചേർന്ന് ഉണ്ടായതാണ് അത് ജീവന്റെ കർണമാണ് പിന്നെ സൂക്ഷ്മമാണ് പിന്നെ വിഭാഗം പിന്നെ ശരീരത്തിൽ വ്യാപിച്ച് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിലിരിക്കും അതൊരു സാത്വികമായ പദാർത്ഥമായതുകൊണ്ട് അതില് ആത്മാവിന്റെ ചൈതന്യ അതിനകത്തുള്ളു ചൈതന്യം എന്ന് വെച്ചാൽ എന്താർത്ഥം ചൈതന്യം അറിവ് അറിവ് ചൈതന്യം എന്ന് പറഞ്ഞ അറിവെന്നാണ് ആത്മാവ് സ്വയം അറിവാണ് ആത്മാവ് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരറിവാണ് ആ അറിവ് ഈ സാത്വികമായ അന്ധകരണത്തിൽ വരുന്നു അപ്പോ ഈ അന്ധകരണവും ചൈതന്യവത്താവും ഏതുപോലെയെന്ന് വെച്ചാൽ ഒരു ഇരുമ്പുണ്ട എടുത്തിട്ട് അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ പഴിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇരുമ്പുണ്ട തീയായി മാറുന്നു അല്ലെങ്കിൽ എങ്ങനെയാണോ പാത്രത്തിലിരിക്കുന്ന ജലത്തിൽ സൂര്യന്റെ പ്രതിബിംബം പതിയുന്നു ഇതൊക്കെ ഉദാഹരണങ്ങൾ പറയും അതുപോലെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന്റെ ചൈതന്യമാകുന്ന അറിവ് ഈ ഉള്ളിലിരിക്കുന്ന അന്ധകർ കർണത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും അപ്പത് ചൈതന്യവത്താവും ചൈതന്യമയമാവും ചിന്മയമായിരിക്കും എന്നൊക്കെ പറയും ചൈതന്യം ഒന്നിച്ചിത്തം എന്നൊക്കെ പറഞ്ഞ അറിവാണ് അപ്പോ ഈ അറിവിനോടുകൂടിയിരിക്കുന്ന അന്ധക്കരണത്തെയാണ് പ്രമാണം എന്ന് പറയുന്നത് അതിൽ അഭ്യൂഹികളുടെ പഴയ കാഴ്ചപ്പാടനുസരിച്ച് ഈ അന്ധകരണമെന്ന് പറഞ്ഞപ്പോ എന്താണ് നോക്ക് മനസ്സിലായി എന്താണത് അതേ തന്നെ സൂക്ഷ്മമായ തന്മാത്ര ഉണ്ടായത് കൊണ്ട് അതൊരു പദാർത്ഥമാണ് ഹിമേശിയും കസേരയും പദാർത്ഥമാണത് ഈ അന്ധകർണം അദ്ദേഹം ഖ്യന്മാരെ പിന്തുടർന്നു പറയുന്നത് അപ്പൊ അദ്വൈതത്തെ കുറിച്ച് പഠിക്കുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഈ അദ്വൈതികൾ പറയുന്നത് ഈ സാധനം ഈ അന്ധകരണമെന്ന് പറയുന്നത് തൈജസമാണ് തൈജസംന്ന് വെച്ചാ അതായത് പ്രകാശം പോലെയാണ് സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ് അതിന് സഞ്ചരിക്കാൻ പറ്റും അതുപോലെ ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ അന്ധകരണത്തിന് സഞ്ചരിക്കാൻ പറ്റും അത് എപ്പോഴും അറിവോടുകൂടി ഇരിക്കുന്നതാണ് ചൈതന്യത്തോടു കൂടി ഇരിക്കുന്നതാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുമ്പം എന്റെ ഉള്ളിലിരിക്കുന്ന ഈ സാധനം എങ്ങനെയാണോ ഒരു കുളത്തിൽ നിന്ന് തോടു വഴി വെള്ളം പുറത്തേക്ക് പോകുന്ന അതുപോലെ എന്റെ കണ്ണിക്കൂടി ഇറങ്ങി ഇവിടെ വന്ന് ഈ പുസ്തകത്തിന് മുഴുവൻ വ്യാപിക്കും ഇതാണ് അവരുടെ പണ്ടത്തെ അറിവ് പണ്ടത്തെ അറിവെന്ന് പറഞ്ഞെടുത്താൽ മതി അങ്ങനെ വ്യാപിക്കുമ്പോഴാണ് നമുക്ക് പുസ്തകത്തിന്റെ അറിവുണ്ടാകും അപ്പോ ഈ പുസ്തകത്തിന്റെ അറിവെന്ന് പറയുന്നത് ഈ ചൈതന്യമുള്ള അന്ധക്കരണത്തിനെയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു നമുക്കൊരോ അറിവുകളും ഇങ്ങനെ ഉണ്ടാവുമല്ലോ ആത്മാവല്ല ഓരോരോ അറിവെന്ന് പറയുന്നത് ചൈതന്യത്തോട് കൂടിയ അന്ധകരണത്തെ അതിനാണ് വൃത്തിയെന്ന് പറയുന്നു ഇത്രയും ബേസിക്കായി അറിഞ്ഞിരിക്കണം അപ്പൊ അത് ആ വൃത്തി അതിനാണ് പുസ്തകം എന്ന് പറയുന്നു പിന്നെ ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവാഹിക്കുകയാണ് ആ പ്രവാഹത്തിനാണ് പ്രമാണമെന്ന് പറയുന്നു പ്രവാഹം എന്ന് വെച്ചാൽ വൃത്തി അത് പുസ്തകത്തിൽ ചെന്ന് വ്യാപിച്ചു ഇങ്ങനെ പ്രവഹിക്കുമ്പം അത് പ്രമാണോ ഇതൊക്കെയാണ് അദ്വീതികൾ പണ്ട് ധരിച്ചു വെച്ചത് അങ്ങനെയൊക്കെയാണ് അവർ മനസ്സിലാക്കിയത് കാരണം മനുഷ്യനന്ന് അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള വഴിയുള്ളു ഇതൊക്കെ ഇതുകൊണ്ട് ഓരോരോ ഊഹാപോഹങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യം അത് ശുദ്ധമാണ് പക്ഷെ പുറത്തേക്കിങ്ങനെ ഒഴുകിവന്ന് പുസ്തകത്തിലൊക്കെ വ്യാപിക്കുന്നത് ശുദ്ധമല്ല അത് ഈ അന്ധക്കരണവും രണ്ടും കൂടെ ചേർന്നതാണ് അതിനാണ് ചിജ്ജടം എന്നൊക്കെ ഗുരുവൊക്കെ പറഞ്ഞിരിക്കുന്നതിനാണ് ചിജ്ജടം ചിത്തിഞ്ചടം അപ്പൊ എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ പ്രവഹിക്കുന്ന ആ പ്രവാഹം അത് പ്രമാണമായും എന്തിനാണോ നമ്മൾ അറിയുന്നത് അത് വ്യാപിച്ചിരിക്കും വ്യാപിച്ചിരിക്കുന്നതിന് പ്രമേയായിട്ടും ജ്ഞാനമായിട്ടും അറിയുന്നു ഇതെങ്ങനെയാണോ പുറത്തേക്ക് ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നത് അതുപോലെ ഇത് ആത്മാവിനും വ്യാപിക്കും ആത്മാവിനും ഇത് വ്യാപിക്കും അത് ആത്മാവിൽ വ്യാപിച്ചാൽ അതിനെ ആത്മജ്ഞാനം എന്ന് പറയും പുസ്തകത്തിൽ വ്യാപിച്ചാൽ അതിനെ പുസ്തകജ്ഞാനം എന്ന് പറയും ഇങ്ങനെ വിശദീകരിക്കുന്ന വേദാന്തത്തിൽ എന്തു പേരിട്ട് പറയും പ്രക്രിയ വൃത്തിപ്രക്രിയ അതിനാണ് വൃത്തിപ്രക്രിയെന്ന് പറയുന്നത് അവസാനം അവസാനം അദ്വൈതീപി അവസാനം പറയുന്നില്ല മുന്നേ കിടന്ന് വിഷയം പ്രതികൃത്തി മുന്നിൽ മിന്നീടും ആവരണമാവും തിര നീക്കിടുന്നു പിന്നീട് കാണും അറിവും പ്രഭന്റെ പിൻപോയി കണ്ണെന്നപോലെ അറിവ് കാണുകയില്ല താൻ ഈ വൃത്തിപ്രക്രിയാണ് അവിടെ പറയുന്നത് കാരണം അത് അദ്വൈതീപികയാണല്ലോ അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ വൃത്തിപ്രക്രിയ പറയണം അത് വ്യാഖ്യാനിച്ചിരിക്കുന്ന മിക്കവാറും പേർ അത് വൃത്തിപ്രക്രിയ ആണെന്നുള്ള ഒരു ബോധം ഉണ്ടായിട്ടുണ്ട് നാട് മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്നുണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏഹ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാവുന്നു ചുരുക്കി പറയാം മുന്നേ കടന്നു ആദ്യം വിഷയം പ്രതിവൃത്തി ഓരോ വിഷയത്തിനും വ്യാപിക്കുന്ന വൃത്തി മുന്നിൽ നിന്നീട് ആവരണം ആ വിഷയത്തെ മറയ്ക്കുന്ന ആവരണത്തെ മറയെ നീക്കിടുന്നു പിന്നീട് അറിവ് കാണും പിന്നീട് നോക്കുന്നു ആ വൃത്തിയിലുള്ള അറിവ് ആ വിഷയത്തെ അറിയും ഇതാണ് വൃത്തി പ്രക്രിയ അവിടെ പറഞ്ഞിരിക്കുന്നത് അതടുത്ത് പറയുന്നു ഉദാഹരണം പറയാണ് പ്രബദന്റെ പിൻപോയ് കണ്ണെന്ന പോലെ പ്രബതന്റെ പിൻപോയ് വെളിച്ചത്തിന്റെ പിറകെ പോയി എങ്ങനെയാണോ വസ്തുക്കളെ കണ്ണു കാണുന്നത് അതുപോലെ വൃത്തിയുടെ പിറകെ പോയിട്ട് വസ്തുക്കളെ അറിയുന്നു എന്നാണ് അവിടെ പ്രഭാഷണെ എന്നാ പിന്നെ എന്നോട് വേഖ്യാനികം പറഞ്ഞു തനിയങ്ങ് വേഗാനിക്കാൻ ഇത്ര പറഞ്ഞ വെറുതെ അതായത് കണ്ണെന്നപോലെ അറിവ് കാണുകയില്ല താനേ അറിവ് താനെ കാണുകയില്ല കണ്ണിനെ പോലെ കണ്ണെന്ന പോലെ നമ്മളെ ഉള്ളിലിരിക്കുന്ന അറിവിന് ഈ പുറമേ ഇരിക്കുന്ന വസ്തുക്കളെ സ്വയം താനേന്ന് വെച്ചാൽ സ്വയം കാണാൻ പറ്റില്ല ഏതുപോലെ കണ്ണു പോലെ കണ്ണിന് വെളിച്ചത്തിന്റെ സാധനം നേരത്തെ പറഞ്ഞു കണ്ണിന് വെളിച്ചത്തിന്റെ സഹായമില്ലാതെ കണ്ണിന് വസ്തുക്കളെ കാണാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിന് പുറമേയുള്ള വിഷയങ്ങളെ തനിയെ കാണാൻ പറ്റില്ല പിന്നെ അതിനെന്ത് വേണം പോയി വൃത്തിവേണം സുലഭത്തിന്റെ പദ്യത്തിന്റെ അർത്ഥം വൃത്തിപ്രക്രിയയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു കിഴങ്ങ് ഇത് നേരത്തെ നേരെ വേകാരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് വിമുനായ വൃത്തിപ്രക്രിയ എന്ന് വിമുനായൻ സ്വാമിക്ക് അറിയാം അത് പറയുന്നുണ്ട് പക്ഷെ ഈ മലയാളത്തിൽ വലിയ പിടിയില്ലാത്തത് കൊണ്ട് അതിന്റെ അന്യോ അർത്ഥവൊക്കെ സ്വാമിക്ക് കാര്യം മനസ്സിലായതാണെന്ന് വേദ അദ്വീതം അറിയാണല്ലോ പക്ഷെ അന്യോ അർത്ഥവോ പറയുമ്പോൾ വേറെ എവിടെയൊക്കെ ആകെ പോയി മലയാളത്തിൽ വലിയ പിടിയില്ലാത്തോണ്ട് കാര്യം സ്വാമിക്ക് പറയുന്നത് സ്വാമിക്ക് മലയാളമായിട്ട് വലിയ ടച്ചില്ലല്ലോ അതിന്റെ കുഴപ്പമാണ് വിമിഷം അറിയാൻ അഥിവലാൽ സ്വാമിയുടെ മൊത്തം വ്യഖ്യാനത്തിനും ആ പ്രശ്നമുണ്ട് എന്നുവെച്ച സ്വാമി അന്വയിക്കുമ്പഴത്തേക്കും മലയാളത്തിന്റെ അതൊക്കെ അങ്ങ് പോകും എന്നെ മരമണ്ടൻ മണ്ടൂസൻ മങ്കൂസൻ ഒന്നിനും കൊള്ളാത്തോ പഠിക്കത്തില്ല എന്ന് പറഞ്ഞ് ഓടിച്ച ആളാണ് കേട്ടോ പറഞ്ഞ ആളാണ് അപ്പൊ ഇതൊക്കെ പറയുന്ന കേട്ടാ നമ്മള് തളർന്നു പോരുത് ആരെങ്കിലും നമുക്ക് ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞു മണ്ടനാണെന്ന് പറഞ്ഞാൽ മരമണ്ടനു പറഞ്ഞാൽ അതൊന്നും കേട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത് മൈൻഡ് ചെയ്യരുത് തളർന്നു പോവാൻ പാടില്ല പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കാനും പാടില്ല അപ്പൊ അങ്ങനെ തളർന്നു പോവാതിരിക്കണെങ്കിൽ നമുക്ക് എന്ത് വേണം അതല്ല അതുമല്ല അതുമല്ല അതുംപോലെ അതൊക്കെ പിന്നെ ഉണ്ടാവുന്നു ഇത് തുടക്കത്തിൽ തന്നെയല്ലേ നമ്മളെ അടിക്കുന്നത് ഇങ്ങനെ മരമണ്ഠൻ മങ്കൂസൻ പഠിക്കാൻ വന്നിരിക്കുന്നു കിഴങ്ങൻ ആ കിഴങ്ങൻ എന്നുള്ള വിളി ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നങ്ങനെ അതുകൊണ്ടല്ല അതുമല്ല അതാണ് നമ്മള് പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം വെറുതെ ഒരു തൂവലുകൊണ്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ വേദനിച്ചു പോകുന്ന ഈ അഹന്ത നമുക്ക് പാടില്ല മനസിലായ ഈ അഹന്തയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈഗോ ഉണ്ടെങ്കിൽ നമ്മള് എന്ത് ചെയ്യും അടിയോടെ വീണു പോവും ഇതൊക്കെ അപ്പൊ അങ്ങനെ ഒരു തോൽ സ്പർശം കൊണ്ട് വറക്കുന്ന തകർന്നു പോകുന്ന ഈവ് നമുക്ക് പാടില്ല എന്നാ മാത്രേ നമുക്ക് മുമ്പോട്ട് വന്നു നമ്മൾക്ക് തോന്നിയണോ എന്താ ഈഗോയെ ഹർട്ട് ചെയ്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർത്തു ഫ്ളാറ്റായി പിന്നെ അവന്റെ എല്ലാം പോവും ഈവയാണ് നമുക്ക് വലിയ ശല്യം ചെയ്യുന്നത് എന്തു പറഞ്ഞാലും എന്തുപോലെ കഴുതേ പോലെ അല്ലെങ്കിൽ പോത്തിനെ പോലെ കേട്ടോണ്ട് ഇങ്ങനെ നിക്കണം മനസിലായ ഒന്നും പ്രതികരിക്കുന്നു കഴുതെ പോലെ അല്ലെങ്കിൽ പോത്തിനെ പോലെ അയിക്കണം അങ്ങനെ അയിക്കണം അതിനു സഹിക്കുക ഈഗോ വന്നു കഴിഞ്ഞാ പോയി നമ്മള് ഫ്ളാറ്റായി പോവും പിന്നെ നമുക്ക് ഒരടി മുമ്പോട്ട് പോകാൻ പറ്റില്ല േറ്റവും ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് ഹന്ത അല്ല ഈഗോ എന്ന് പറയുന്നു നമ്മള് നമ്മളെ കുറിച്ച് നമ്മളെന്തോ ഒരു വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിങ്ങനെ വെച്ചിരിക്കാണ് ആ അതുപോലെയാണ് വില കൊണ്ട് കാറ്റ് പോകുന്ന പോലെ എന്തു ചെയ്യും തോർന്നു പിന്നെ നമുക്കൊരു അടിയും മുമ്പോട്ട് വയ്ക്കാൻ പറ്റത്തില്ല അവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആ അതുകൊണ്ട് എന്താണ് ഇങ്ങടെ പറയുന്നു വൃത്തി പ്രക്രിയയാണ് അദ്വൈതകൾ പണ്ട് പറഞ്ഞ വൃത്തിപ്രക്രിയ ഉള്ളിലിരിക്കുന്ന ആ അന്ധക്കരണ വൃത്തി പുറത്തേക്ക് പോയി വിഷയങ്ങളെ വ്യാപിക്കുന്നതുപോലെ ഉള്ളിലേക്ക് പോയി ആത്മാവിനെ വ്യാപിക്കുമ്പോ ആ വൃത്തിയെ പറയുന്നതാണ് പ്രമാണം വൃത്തി വൃത്തിജ്ഞാനെന്ന് പറയുന്നത് അതേ പിന്നെ നിങ്ങളെയൊക്കെ ഇത് പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞല്ലേ അല്ലേ മനസ്സിലാക്കുന്നു അല്ല പഠിപ്പിക്കാൻ ചാൻസില്ല ചെലപ്പോ അങ്ങനെയാവാം കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ചിന്മയാനുസ്വാമി പഠിപ്പിക്കുമായിരുന്നു ദയാനുസ്വാമി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല പഠിപ്പിക്കാത്തതിന്റെ കാരണമെന്ന് വെച്ചാൽ ഇന്നത്തെ ആധുനികമായ എന്താണ് മനുഷ്യന്റെ അറിവ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ വൃത്തി ഞാനൊന്നു പറഞ്ഞ ഹൈസ്കൂളിപ്പോ പഠിക്കുന്ന പിള്ളേര് പോലും ചിരിക്കും ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് കാരണം പ്രത്യക്ഷമായി ജ്ഞാനം ഉണ്ടാകുന്നത് ഇങ്ങനെയൊന്നുമല്ല അതീതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ആധുനിക ശാസ്ത്രമനുസരിച്ചത് ന്യൂറോ സയൻസും മറ്റുമൊക്കെ അനുസരിച്ച് ഇതുപോലെ എന്താണ് സൂക്ഷ്മ തന്മാത്രകൾ കൊണ്ടുണ്ടാകുന്ന ഒരു അന്ധക്കരണം അങ്ങനെ ഒരു സാധനമേ ഇല്ല ഉണ്ടായിട്ട് വേണ്ടേ അതുകൊണ്ടുണ്ടാകുന്ന ഒരു വൃത്തിജ്ഞാനമേ ഇല്ല സയൻസിലിതൊന്നുമില്ല വൃത്തിജ്ഞാനം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കൂടുതൽ വിശദീകരിച്ച പിള്ളേർ ചോദിക്കുന്നത് എന്താണോ അപ്പോള് വിശദീകരിക്കാത്തത് അതുകൊണ്ടായിരിക്കും അതൊക്കെ ചിലപ്പോ ഒന്ന് പരാമർശിച്ചിട്ട് പോയി ഇതുപോലെ വിശദീകരിച്ചൊന്നും പറയത്തില്ല അഖണ്ഡാകാര വൃത്തി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഇന്നത്തെ ആധുനികമായ മനുഷ്യന്റെ അറിവ് വെച്ച് പോയി കഴിഞ്ഞാല് അതൊക്കെ വെറും സ്റ്റോറീസ് കഥകള് മാത്രം മനുഷ്യന്റെ ഇമാജിനേഷൻ ഞാന ഭാവത്തിൽ പറയുന്നു ഞാനെന്ന ഭാവം ഞാൻ ഈ അഖണ്ഡാകാരമി നമ്മളൊരു അറിയുന്നു അഖണ്ഡാകാരവൃത്തി എന്ന് വെച്ചാൽ നമുക്ക് ആത്മാവിന്റെ സാക്ഷത്കാരം ഉണ്ടാകുന്നു വസ്തുക്കളെ അറിയുന്ന അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്നത് ഈ അന്ധക്കരണം ഇങ്ങനെ പരിണമിച്ച് ആത്മരൂ ആത്മാവിന്റെ രൂപത്തിൽ പരിണമിക്കൂന്നൊക്കെ പറയുന്ന കഥയാണ് കാരണം ഈ അന്ധകരണമെന്നൊരു സാധനം ഇല്ല പിന്നെങ്ങനെയാണ് പരിണമിക്കുന്നത് ഇന്നത്തെ ഇത് വെച്ചു കേട്ടോ ഇന്നത്തെ മനുഷ്യന്റെ അറിവ് വെച്ച് അന്ധകരണം എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല അതുകൊണ്ട് മനസ്സിലാവും പഴയ അറിവാണ് നമ്മളീ പഠിക്കുന്നത് അതായത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നൊക്കെ പറയുന്നില്ലേ അത് അന്ധകരണത്തിന്റെ ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകരണമേ ഇല്ലാത്തതാണ് പിന്നെങ്ങനെ അതിന് ഭാഗങ്ങൾ വരും അദ്വൈതി പറയുന്ന അന്ധകരണമെന്ന് പറയുന്ന ഉം അങ്ങനെ ഒരു സാധനവേ ഇല്ല അപ്പൊ പിന്നെ അന്ധകരണത്തിങ്ങനെ നാല് ഭാവം വരും അല്ല ഇനി നമ്മളെന്താണ് പൊതുവെ ഇതിന് മൈൻഡെന്നോ കോൺഷ്യസ്നെസ് എന്നോ അവയർനെസ് എന്നോ അങ്ങനെയൊക്കെയുള്ള പേരുകൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഇതിനെ മൊത്തത്തിലെന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്നാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ പ്രക്രിയ ഞാൻ കാണുന്നു കേൾക്കുന്നു ഇതൊക്കെ ഒരു ഇൻഫർമേഷനാണ് പാറ്റേൺ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും ഇൻഫർമേഷന്റെ ഒരു ക്രമീകരണ ഉള്ളിൽ സംഭവിക്കുകയാണ് അത് അന്ധക്കരണമെന്ന് വരുന്നൊരു വസ്തുവല്ല അതൊരു വസ്തുവേ അല്ല എന്നാ എന്തെങ്കിലും മിസ്റ്റിക്കലായൊരു സാധനവും അത് പദാർത്ഥമല്ല ഇന്നത്തെ അറിയില്ല അത് പഴയ കാഴ്ചപ്പാടാണ് പഴയതും കൂടെ പറയുകയാണ് പഴയ കാഴ്ചപ്പാടില് അതൊരു പദാർത്ഥമാണ് ഇന്നു പറഞ്ഞ എന്താണ് ഇന്നത്തെ രീതി അനുസരിച്ച് പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു മാറ്റർ ബ്രെയിൻ ഒരു മാറ്ററാണ് അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതും മനസ്സിലായ ഊർജം ചെലവഴിക്കുന്നതുമായ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ് അതിനുള്ള ഇൻഫർമേഷൻ എന്ന് പറയും അല്ലാതെ അതൊരു വസ്തുവല്ല ഈ പറയുന്ന അന്ധകരണമല്ല അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ രാവിലെ പറഞ്ഞൊക്കെ എന്താണ് അത് ഇൻഫർമേഷനാണ് അത് നോളജാണ് അത് വിസ്റ്റം ആണെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു വസ്തു അത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മൈൻഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന ജനറലായിട്ട് പറയുന്നതാണ് ഫംഗ്ഷൻ എന്ന് പറയും എന്ന് അതൊരു വസ്തുവല്ല അക്കാര്യം ഉറപ്പാണ് ആധുനിക ശാസ്ത്രത്തിന് അത് മാറ്ററാണോ അല്ല എനർജിയാണോ എനർജിയല്ല രണ്ടുമല്ല മിസ്റ്റിക്കലായ രഹസ്യമായ എന്തെങ്കിലും ആണോ അതുമല്ല കാരണം അത് ഇൻഫർമേഷൻ നമ്മുടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് മാറ്ററും എനർജിയും അല്ലാത്ത ഒന്നും അതിനെയാണ് നമ്മള് ബോധം എന്ന് പറയുന്നത് അതിനകത്ത് ഭൗതികമായ ഒന്നുമില്ല മെറ്റീരിയലായിട്ടൊന്നുമില്ല അതിനകത്ത് അപ്പോ അന്ധക്കരണമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതിങ്ങനെ കണ്ടിക്ക് കൂടെ പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ് കഥകൾ മാത്രമാണ് ഇന്നത്തെ അറിവ് വെച്ച് കേട്ടോ പഴയ അറിവിലും അങ്ങനെയാണ് ഈ രണ്ടറിവുകളെയും നമ്മൾ രണ്ടായിട്ട് മനസ്സിലാക്കണം അപ്പൊ ഇതിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ച് മനസിലാക്കുന്നവർക്ക് ഈ അന്ധക്കരണ കൂടുതൽ വിശദീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും കാരണം അങ്ങനെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പഴയത് ശരിയല്ലെന്ന് പറയേണ്ടി വരും മനസ്സിലായ പഴയതിനെ ആ പഴയതിനോട് വളരെയധികം എന്തുള്ളവരാണ് ഇവര് ആ കമിൻമെന്റ് ഉള്ളവരാണ് അതിനെപ്പോഴും ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് പഴയതിനെ അവര് ഡിഫെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കമിന്മെന്റ് ഉള്ളവരാണ് അപ്പൊ അവർക്ക് ഇതങ്ങോട്ട് വിശദീകരിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ സാധിക്കത്തില്ല നമ്മളീ ഗുരുവിന്റെ സമ്പ്രദായമായോണ്ടാണ് ഞാൻ തന്നെ കൈലാസാശ്രമത്തി പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കഞ്ഞുകൂടി മുട്ടിപ്പോ അവിടെ പറയാൻ പറ്റി പറഞ്ഞാ തീർന്നു ആണെങ്കിൽ തന്നെ പുറത്തു കണ്ടില്ല ചെലവ് പുറത്തു കിട്ടില്ല ഇത്രയും ജലസമാധിയാവും ഗുരുവിന്റെ വിശാലമായ കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് ഇതിനേക്ക് ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റും അത് ഗുരുവിന്റേതു വിശാലമായ ഒരു കാഴ്ചപ്പാടാണെന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ളത് എന്തായാലും നടാജ് ഗുരു ഇങ്ങനെ പറയുന്നില്ല കേട്ടോ കാര്യത്തിൽ സമ്മതിക്കുന്നു നാടായൂര് ഈ ഇത്തരം വ്യാഖ്യാനം ഒന്നും പറയുന്നില്ല എങ്ങനെ ഈ അന്തക്കരണ വൃത്തിയാണ് അത് കണ്ണി കൂടെ പുറത്തു പോകുന്ന ഇതൊന്നും നടീകരിക്കുന്നേ ഇല്ല നാടായൂര് അതൊക്കെ മനസ്സിലായു അതൊരു ഞാൻ നടായൂരിന്റെ നോക്കി ഒരിടത്തും അങ്ങനെയൊന്നും ഇനി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയെടുത്തില്ലെന്നേ പറയാൻ പറ്റൂ പുള്ളി ഏർ അംഗീകരിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത് അംഗീകരിക്കാൻ പറ്റില്ല ആധുനികമായ വിദ്യാഭ്യാസം കിട്ടിയവരും സത്യസന്ധത ഉള്ളവർക്ക് അത് പറയാൻ പറ്റില്ല അതെല്ലാം പോണമല്ലോ അപ്ഡേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇതുപോലെ പറ്റിയിരിക്കുന്ന കൊമ്പ് കുറിക്കുന്ന രീതിയിലേക്ക് വരും പഴയ ഒരു കാഴ്ചപ്പാടാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു പ്രശ്നമുണ്ട് പണ്ട് മനുഷ്യരിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആയിരം വർഷം മുമ്പൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ അന്ന് മനുഷ്യന് ഇത്രയൊക്കെ അറിവുണ്ടായിരുന്നു നമ്മളറിഞ്ഞ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതിനോട് നമുക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമുക്കത് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം എങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം പഴയ ഒരു അറിവ് ആണ് നാലായിട്ട് വിഭജിച്ചു പറയുന്നെന്തെന്ന് വെച്ചു കഴിഞ്ഞാല് പണ്ടത്തെ മനസ്സിലായോ അതായത് ഇപ്പൊ ഈ കാണുന്ന ഇതിനെയൊക്കെ മനസ്സിലായോ ഇതിനേക്കണ്ട് അഞ്ചു ഭൂതങ്ങളായിട്ട് വിഭജിച്ച് പഠിച്ചു അഞ്ചു ഭൂതങ്ങളായി വിളിച്ച് വിഭജിച്ച് പഠിക്കാന്ന് വെച്ചാൽ അതെല്ലാം വേറെ മാർഗമില്ല അന്ന് ഇന്ന് അഞ്ചായിട്ടാണ് അതിനെ പഠിക്കുന്നത് ആണോ പള്ളിക്കൊടുത്തി പഠിച്ചപ്പോ എന്തായിട്ടാ പഠിച്ചത് ഇന്ന് വില ഇതായിട്ട് ഏറ്റവും ഇതിന്റെ എലിമെന്റ്സ് ആയിട്ടാണ് പഠിക്കുന്നു നൂറ്റി പതിനെട്ട് അങ്ങനെയുള്ള എലിമെന്റ്സ് ആയിട്ടാണ് ഇന്ന് പഠിക്കുന്നത് സ്കൂളിൽ പഞ്ചഭോധം പറഞ്ഞു പഠിപ്പിക്കും ഇല്ലല്ലോ അപ്പോ അത് വ്യത്യസ്ത അപ്പോ ഇന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ അറിവുണ്ട് ആകാശം ഒന്നുവരുന്ന ഒരു ഭൂതമാണെന്നൊന്നും പറഞ്ഞ് ഇന്നാരും പഠിപ്പിക്കത്തില്ല പഞ്ചഭൂതങ്ങളിലൊന്നാണ് ആകാശം ഇന്നാരും പഠിക്കുകയില്ല പഠിപ്പിക്കത്തു അപ്പൊ കാലഹരണപ്പെട്ടുപോയ അത്തരം പഠിത്തങ്ങളല്ല ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂ ഇന്ന ഇതൊക്കെ പഠിപ്പിക്കുന്ന പറഞ്ഞ ആൾക്കാർ നമ്മൾ ചെന്നിരുന്നത് പൃഥിവി ഭൂമി ജലം വായു ആകാശം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇതിനും വ്യക്തമായിട്ട് കുട്ടികൾക്ക് അറിയാമല്ലോ ഭൂമി എന്ന് പറയുന്നത് ശരിയാ ചെലവും ശരിയാണ് പക്ഷെ ഈ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ വസ്തുക്കളെ അങ്ങനെയല്ല പഠിക്കേണ്ടതെന്ന് മനുഷ്യന്റെ അറിവ് മാറിപ്പോയി അതുപോലെ തന്നെ ഈ അന്ധകരണത്തിൽ പഠിക്കേണ്ട എങ്ങനെ മനസ്സ് ബുദ്ധി ചിത്തം അങ്ങനെയല്ല പഠിക്കേണ്ടത് കാലം പോയി പിന്നെ പഴയ ഒരു അറിവെന്നുള്ള ീ അദ്വൈതൊക്കെ പ്രസംഗിക്കുന്നവരെ സാധാരണക്കാർക്ക് മനസ്സ് അറിയാൻ വയ്യാത്ത എന്തോ ഒരു ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത് അന്ധക്കരണം അത് മനസ്സ് ബുദ്ധി ചിത്തം അങ്കാരം നാല് എന്നൊക്കെ പറയുന്നു ഇവ പറയുന്നതൊക്കെ ഒരു പൊട്ടത്തിലാണെന്നുള്ള ബോധം ഇല്ല പിന്നെ ഈ കാവ്യം കൊടുത്ത് തനേം മൊട്ടയടിച്ചു കഴിഞ്ഞാൽ എന്തു പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുന്നവര് വിചാരിക്കോ ഭയങ്കര സംഭവം അപ്പൊ പറഞ്ഞു കൊടുക്കാം ആൾക്കാരോടത്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം ആ ഇത് പഴയൊരറിവാണ് പണ്ടത് ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ന് അങ്ങനെയൊന്നും അല്ല മനസ്സിലാക്കുന്നു ഇന്ന് ഇല്ല പണ്ടത്തെ എന്തൊക്കെ ഇന്നില്ല മനസിലായോ അങ്ങനൊരു സാധനമേ ഇല്ല അപ്പൊ ചോദിക്കോ അത് പോട്ടെ ഇതങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുന്നതോ എന്താണ് ഏ അങ്ങനെ പഴയ ഒരു അറിവ് അങ്ങനെ അതെടുക്കാൻ പറ്റൂ എന്താ ചിരിക്കുന്നത് അതൊരു മനുഷ്യന്റെ ഒരു പഴയ അറിവാണോ പഴയ അറിവെന്ന് ഇന്നത്തെ മനുഷ്യന്റെ ആധുനികമായ അറിവില് അനുഭവിച്ചൊരു സ്ഥാനമില്ല മോഡേൺ സയൻസിലോ ഫിസിക്സിലോ യാതൊരു സ്ഥാനവും അന്ന് അവർ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മത്തിന് ഉണ്ടെന്ന വിചാരിച്ചിരിക്കുന്നു അതാ ഞാനും പറയുന്നു അങ്ങനെ അതൊക്കെ പഴയ കാലത്തെ നമ്മള് മനുഷ്യർക്കുള്ള അത് അസംബന്ധം തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ ധരിക്കരുത് അതിനെ കുറിച്ച് ഞാൻ എന്താ പറയുന്നത് മനുഷ്യന്റെ പ്രാഥമികമായ അറിവ് അങ്ങനെ മനസിലാക്കുന്നു നമ്മള് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഒന്നേ അധികം ഒന്നേ രണ്ടെന്ന് പഠിക്കുന്നില്ലേ അത് അസംബന്ധമല്ലോ അതൊരു പ്രാഥമികമായ അറിവ് മനുഷ്യ അധികം ഒരുപാട് മുമ്പോട്ട് പോയി ഇന്നതങ്ങനെയല്ല മനസിലാക്കുന്നു നമ്മള് സ്മരിക്കുന്നത് ചിത്തം ഭിമാനിക്കുന്ന അഹങ്കാരം നിശ്ചയിക്കുന്നത് നിശ്ചയിക്കുന്ന ബുദ്ധി സങ്കല്പിക്കുന്നത് സംശയിക്കുന്നതൊക്കെ മനസ്സ് ഈ ഇങ്ങനെ പറയുന്നതിന് വരെ അങ്ങനെ പറയുന്നേ പഴയ ഒരു തീർഖ്യാനം ഇതൊക്കെ നമ്മള് ചെയ്യുന്നുണ്ടോ അത് ഓർക്കാറില്ലേ പിന്നെ സംശയിക്കാറില്ലേ ശരിയാണത് അപ്പോ ഇന്ന് നമ്മളും പഴയ മനുഷ്യരും ഒക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു അപ്പൊ അതിനവരോട് പേരിട്ട് വിളിച്ചു ഇതാണോ അതിനൊക്കെ അവരവരുടെ പേര് കൊടുത്തു അതിനപ്പുറം അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതേ കാര്യങ്ങളെ തന്നെ ഇന്ന് പഠിക്കുന്നെങ്ങനെ ആ ഇന്ന് നമ്മുടെ ബ്രെയിനുമായിട്ടും ന്യൂറോൺസുമായിട്ടും സിനാപ്സിസ് ന്യൂറോൺ സിനാപ്സിസുമായിട്ടും അവിടെയുള്ള കെമിക്കലുമായിട്ടും അവിടെയുള്ള എനർജി ഇലക്ട്രിക്കൽ പറയുന്ന മുഴുവൻ കേൾക്കും energy എനർജിയുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് ഇന്ന് പഠിക്കുന്നത് അല്ലാതെ ഈ അന്ധകരണമെന്ന് പറയുന്ന ഒരു കൊഴുക്കട്ട അതിനെ ഇങ്ങനെ നാലായിട്ട് മുറിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല ഇന്ന് പഠിക്കുന്നത് ഇന്ന് അങ്ങനെയല്ല മനസിലാക്കുന്നു അങ്ങനൊരു സാധനം ഇല്ല പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവൃത്തികളെല്ലാം നടക്കുന്നുണ്ട് ഏത് സംശയമുണ്ട് അഭിമാനമുണ്ട് അപ്പൊ പഴയകാലത്ത് എന്താ ചെയ്ത് നമ്മുടെ ഈ ചിന്തകൾക്കൊക്കെ അവരൊരു പേര് കൊടുത്ത് അതിനപ്പുറം അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അത് അങ്ങനെ ഒരു പേര് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പേര് കൊടുത്ത് എന്നുള്ള അതിന് വിശേഷം എന്താ ഉള്ളു അന്ന് അവർക്ക് നമ്മുടെ ബ്രെയിനിനെ കുറിച്ചറിയാമോ ന്യൂറോൺസിനെ കുറിച്ചറിയാമോ ന്യൂറോൺസിനാപ്സിസിനെ കുറിച്ച് അറിയാമോ എനർജിയെ കുറിച്ച് അറിയാമോ ആ ഇൻഫർമേഷനെന്ന് നമ്മള് രാവിലെ വിശദീകരിച്ച് പറഞ്ഞത് അതിനൊക്കെ ഇൻഫർമേഷനായി പഠിക്കാം നോളജായി പഠിക്കാം വിശദമായി പഠിക്കാം പലതരത്തിൽ പഠിക്കാം ഒരുപാട് കുറിച്ച് പഠിക്കുന്നു പക്ഷെ ഇത്തരം പഠനങ്ങൾക്ക് ഇന്ന് പറയുന്ന എന്താണത് സയന്റിഫിക് സ്റ്റഡി പഴയകാലത്തെ ആ പഠനങ്ങൾക്ക് ഇന്ന് പറയുന്ന മെറ്റാഫിസിക്കൽ സ്റ്റഡി അല്ലാണ്ട് നമ്മുടെ വ്യത്യാസം ഈ രണ്ടു വ്യത്യാസവും നമ്മൾ അറിഞ്ഞിരിക്കും പിന്നെ നമ്മുടെ ഉള്ളിൽ അന്നും ഇന്നും കണക്കുന്ന സംശയം നമ്മുടെ ഉള്ളിൽ പണ്ടുകൊണ്ട് അത് എങ്ങനെ നടക്കുന്നു എവിടെ നടക്കുന്നു ഇന്ന് ഇപ്പൊ മെമ്മറി ഉദാഹരണ ഓർമ്മ പണ്ട് പറഞ്ഞത് ചിത്തത്തിന്റെ ഒരു പ്രവൃത്തിയാണ് ഓർമ്മ ഇന്നെന്താ പറയുന്നത് അത് ബ്രെയിനിന്റെ ഒരു ഫങ്ഷനാണ് ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ മെമ്മറി അവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്നതും നമ്മൾ പിന്നെ അതിനെ റീഡ്രൈവ് ചെയ്യുന്നതും എന്നുവെച്ചാൽ അതിനെ അവിടെ രൂപീകരിക്കുന്നതും വീണ്ടും അതിനെ എടുത്തു പ്രയോഗിക്കുന്നതും ഒക്കെ ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിന്ന് വളരെ സയന്റിഫിക്ക് ആയി അറിയാം എന്തുകൊണ്ട് ഓർമ്മ ആ ഭാഗത്ത് എന്തെങ്കിലും കേടുവെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയും കാണത്തില്ല അതുകൊണ്ട് നമുക്ക് രണ്ടിനെ കുറിച്ചും ബോധം ഉണ്ടായിരിക്കണം എന്നാണ് ഈ പറഞ്ഞുവരുന്നത് അന്തമായിട്ട് എന്താണ് ഞാൻ പണ്ട് എന്താണോ പഠിച്ചത് അത് മതി എനിക്കതെല്ലാം ഒന്നും കേക്കണ്ട ഒന്നും ഇവിടെ പറയുന്ന ട്രാക്ക് രണ്ടു ദിവസം കൂടെ പണിയുന്നുണ്ട് എനിക്ക് പണി എല്ലാവർക്കും വേണ്ടിട്ടാണ് നമ്മളെ അജ്ഞാനം വിചാരിക്കുന്നു സയന്റിസ്റ്റുകൾ ഓരോ ഇപ്പോഴും പഴയ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് അതുകൂടെ ആലോചിക്കണം അല്ല ഇവിടെ അത് തന്നെ അതെന്താണ് അത് അറിവല്ല പിന്നെന്താണോ കമ്മിറ്റ്മെന്റ് അവിടെയാണ് തിരിച്ചറിയേണ്ടത് എല്ലാ ചെമ്പ അവരുടെ കമ്മിറ്റ്മെന്റ് കാരണം എന്തുകൊണ്ടാണോ ചെറുപ്പത്തിൽ അതിനകത്തൊരു വലിയ പൊളിറ്റിക്സൂടെയുള്ളു അതിലൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ട് അതായത് ഈ പറയുന്ന ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിന്റെ ഒരു സമ്പാദ്യമാണ് അപ്പൊ ഈ സമ്പാദ്യം നിലനിർത്തുന്നതിലൂടെ സമൂഹത്തിൽ എന്തോരും ഒരു അപ്പർ ഹാൻഡ് നിലനിർത്താന്നുള്ളത് കൊണ്ടാണ് അവര് ബോധപൂർവത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അതുകൂടെ ഉണ്ട് അതോടെ പിന്നെ പൊളിറ്റിക്സൂടെ ഇത് പറയുന്നതാണെന്ന് മതപ്രഭാഷണത്തിന് പറയുന്ന സയന്റിഫിക് നോട്ട് ഇറ്റ് ഈസ്ബ്ജെക്ടീവ് ടോക്കിംഗ് ഇമ്പോർട്ടൻറ്റും ജോലി ഭേദപ്രമാണ്ജി ലവിധ ഭേദ പ്രമാണ് നത്തി സയൻസ് അതാ ഇത് സയന്റിഫിക്ക് അല്ല എന്ന് പറയുന്നത് ശരിയാണ് സബ്ജക്റ്റീവ് നോളേജ് പറയുന്നത് ശരിയാണ് ശരിയാണ് പ്രത്യേകിച്ചൊരു പേര് കൂടെ കൊടുത്തു അർത്ഥാപത്തി പ്രമാണ ഇറ്റ് മീൻസ് കാനോട്ട് റിവീൽ എനിത്തിങ് ഫോർ ധനാത്മർത്തി എന്താ പറയുന്നത് അതല്ല അതെ അർത്ഥാപത്തി അർത്ഥാപത്തി പ്രമാണെന്ന് പറയുന്നത് ഉം അത് പറയുന്നെ നമ്മൾ പറഞ്ഞപ്പോ ഇവിടെ എത്തി സയന്റിഫിക്കായിട്ട് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു അത് പഴയ പറഞ്ഞ് പഴയ ശാസ്ത്രത്തിന്റെ ഒരു മനസ്സിലാക്കി പ്രമാണെന്ന് പറയുമ്പോ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്താണ് പഴയ രീതി പഴയ രീതി അനുഭവം ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നതന്നെ പ്രമാണം അതു പിന്നെ ഇവരി പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ വേദാന്ത പരിഭാഷയും പഞ്ചദശയും ഒക്കെ പഠിക്കണം വേദാന്ത പരിഭാഷയുടെ റെക്കോർഡിംഗ് ഉണ്ട് ആ റെക്കോർഡിംഗ് ആദ്യം മൂല കേട്ടു ഇനി എന്നെക്കൊണ്ട് അത് ഒരു കൂടെ ആയുസ്സും ആരോഗ്യവും ഇല്ല റെക്കോർഡിങ് കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പഴയ രീതി എല്ലാം അല്ല റെക്കോർഡിംഗ് ഇല്ലേ അത് കേട്ടു നോക്കിയോ അല്ല ഇത്രയും അറിഞ്ഞാൽ തന്നെ വലിയൊരു അറിവാണ് അപ്പൊ പിന്നെല്ലാരും ചോദിക്കും അപ്പൊ പിന്നെ ഗുരു എഴുതി വെച്ചത് ഗുരു എഴുതി വെച്ചത് ആ പാരമ്പര്യമായ അറിവില്ലതാണെന്ന് എഴുതി വെച്ചു അല്ല ഗുരുവിനെ അത് രണ്ടും ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അത് പറയുന്നു അതായത് ഗുരു പറയുമ്പോഴേ അതിന്റെ വ്യത്യാസം മനസിലാക്കണമെങ്കിൽ ആത്മോപദേശതവും ദർശനമാനെയും വ്യത്യാസവും നോക്കിയാണ് ആത്മോപദേശത്തെ ഗുരു എന്താ പറയുന്നത് പല വിഷയങ്ങളും ചർച്ച ചെയ്യണം ആത്മ ഏറ്റവും ആധുനികമായ വിഷയം വരെ ചർച്ച ചെയ്യുന്നത് മതം മനസ്സിലായോ അതിന് ഗുരുവിൻ്റെതായ വ്യാഖ്യാനമൊക്കെ കൊടുത്തു ആ പഴയ വിജ്ഞാനം ദർശനമാനയുടെ രീതിയിലല്ല അതിൽ എന്താണോ തമിഴിലെ പാരമ്പര്യമായ വിജ്ഞാനങ്ങളും അദ്വൈതവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്താ പറയും അപ്പോൾ ഗുരുവിന് അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ആ ദർശനമാന പറയുന്നത് തന്നെ പറയണം അതാണ് ശരിക്കും ശങ്കരായരുടെ അദ്വൈതം അതേസമയം ആത്മോദ്ശ്യത്തിൽ പറയുന്ന എന്താണ് അതുപോലെ ശങ്കരായം മാത്രമല്ല അത് മരുന്നുണ്ട് മനസിലായോ അതിനകത്ത് തമിഴ് പാടന തമിഴ് തമിഴ് വേദാന്തം എന്ന് പറയാം ആ തമിഴ് വേദാന്തം ഉണ്ട് അതിനെ നവനീതത്തിന്റെയും മുഴുവൻ ഒടുക്കത്തിന്റെയും കാണാം തമിഴ് പാടലുകളുടെയൊക്കെ അപ്പൊ അത് ശങ്കരായരുടെ എന്ന് മാത്രം പറയാൻ പറ്റില്ല അപ്പോ എന്ന ദർശന ബ്രഹ്മവിദ്യാ വന്ധം കൊടുക്കുമ്പോ അത് പഴയ പാരമ്പര്യ അദ്വൈതമാണ് ഇനി ശിവശതം എടുത്തു കഴിഞ്ഞാലോ അത് വേറെ ഒന്നാണ് അതിന് ഇതുവരെ ആണോ പറയുന്നത് ശങ്കരായരുടെ അത് ഇതാണോ പറയുന്നത് അല്ല അതിന് കുറച്ച് ആത്മകഥയുണ്ട് ശിവാനന്ദ ലഹരിയുടെ അത് പേര് ഗുരുവിന്റെ ഇത് പേരെ ഗുരുവിന്റെ അരി വേറെയാണ് ശിവാനന്ദ ലഹരിന്ന് പറയുന്ന സംഗതി വേറെയാണ് ഗുരുവിന്റെ ശിവശതകത്തിന്റെ ശൈലി ശിവശതകം വൈരാഗ്യ ദശകം ഇതൊക്കെ ഗുരുവിന്റെ ആത്മകഥയാണ് സത്യസന്ധമായി ഉള്ളതുള്ളതുപോലെ ഗുരു എഴുതി വെച്ചിട്ടുണ്ട് എന്താണോ മുറയ്ക്കുമുറ മിഞ്ഞി മറയും ഇളക്കി ബാക്കി ആ ആ പെൺകുടി ചെറുത്തടിയിലാക്കി മറുത്ത് വിളയാടി മരുന്നിടയിൽ എല്ലാം വെറുത്തു വരുവാൻ എഴുതി നിന്തിരു ഇടിയടിക്കുക സ്വന്തം തന്റെ ജീവിതം കടന്നു വന്ന ഭാഗമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിന് യാതൊരു മറവും എന്താണോ ഒന്നു വരുന്നത് ഗുരുവിന്റെ ആർജവും സത്യസന്ധത അങ്ങനെ ജീവിതം കടന്നാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഗുരുവിന്റെ പ്രത്യേകത എന്താണ് ഗുരുവിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സത്യനാരായണ സ്വാമിക്കതൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വരും കേട്ടോ ഏ ആണോ ഏഹ് ഇത് വ്യക്തമായി ഇടിവെച്ചിരിക്കല്ലേ മുറയ്ക്കുമുറ മിന്നിമറിയ മിന്നിമറയും പിഴി ഇളക്കി തെറിക്കുവൊരു പെൺകുടി ചെറു തടിയില്ല ആരെ തന്നെ തന്നെ മറുത്ത് വിളയാടിമരുന്ന് ഇത് എല്ലാം വെറുത്തു വരുവാൻ എഴുതിയെന്ന് പറഞ്ഞ എല്ലാം തെളിയില്ല എഴുത്തായിരുന്നു ആ ഇതൊക്കെ തന്നെ അപ്പൊ ഇത് അതേ സ്വന്തം കാര്യമാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതെഴുതി ഗുരുവിന്റെ പ്രത്യേകത എന്താണോ എന്താണ് പ്രത്യേകത അതൊക്കെ ശരിക്കാ ഞാൻ പറഞ്ഞ കാര്യം ഏ വെറുത്തു വരുവാന് ശേഷം പിന്നെ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് അതാണ് ഏറ്റവും വലിയ വ്യത്യാസം മറ്റുള്ളവരിൽ നിന്ന് ഗുരുവിനുള്ള വ്യത്യാസം അല്ലാതെ ഗുരു അവിടെ പോയിട്ട് വന്ന പോയിട്ട് വരാത്തയാളല്ല അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഗുരു സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ തിരിച്ചുപോയി പാടല സ്വാധീനം തമിഴ് അകത്തിയ പറയുന്നുണ്ട് മാടുന്നതായാലും ഒരു പോക്കുണ്ട് മറ്റൊരിക്കോ അവളൊക്കെ അത് ശാസ്ത്രം പറയുന്നുണ്ടോ പരീക്ഷൻ കർമ്മം ചെയ്താൽ എന്നിട്ട് പോയാലും അങ്ങനെ വൈകാര്യം ഉണ്ടായി അപ്പോ അങ്ങനെ ഒരു ഭാഗമെല്ലാം കടന്നു വന്നിട്ട് എന്താണ് തിരിച്ചങ്ങോട്ട് പോയില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്നത്തെ ശിവരിലർക്ക് തന്നെ ഗുരു അങ്ങനെ ഒരു ജീവിതം കടന്നു വന്നെന്ന് പറഞ്ഞ് വളരെ സങ്കടമാണ് സഹിക്കാൻ പറ്റി ഗുരു സ്വയം എഴുതി വച്ചിരിക്കുന്നവരംഗീകരിക്കുന്നില്ല ഏ